എന്റെ രക്ഷിദാവും നിങ്ങളുടെ രക്ഷിദാവുമായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുവിൻ എന്നങ്ങ് എന്നോട് കൽപ്പിച്ചതു മാത്രമേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ ഞാൻ അവരുടെ കൂടെയുണ്ടായിരുന്ന കാലത്തോളം ഞാൻ അവർക്ക് സാക്ഷിയായിരുന്നു അങ്ങ് എന്നെ മരിപ്പിച്ചപ്പോൾ അങ്ങ് അവർക്കുമേൽ നിരീക്ഷകനായി അങ്ങ് എല്ലാ കാര്യങ്ങൾക്കും സാക്ഷിയുമാണ്